തീർച്ചയായും നാ മുസ അലിഹിസലാമിന് വേദഗ്രന്ഥം നൽകി അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു വാക്കു മുൻപേ തീരുമാനമായിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീർച്ചയായും വിധി തീർക്കപ്പെടുമായിരുന്നു തീർച്ചയായും സംശയിക്കുന്നവരാണ്